ി ശേഷമാണ് കണ്ടുമുട്ടൽ വേറെ ഇരിക്കലെങ്ങനെയുള്ള സംസാരിക്കൽ എങ്ങനെ ജവാബുകളിലെങ്ങനെ അതൊക്കെയാണ് മക്കളിൽ ഏതെല്ലാം മകളുകൾ കാണാം അതാണ് ഇനി പറയുന്നത് കൌമിന് ഇവിടെ കുറെ ആദാബുകളുണ്ട് കാരണം ഇത് ജാനോ കലാമും റോമിന്റെ കലാമവർ ആക്കി കണ്ട് ജവാബൻ ജവാബ് മാത്രം അങ്ങനെ തന്നെ പഴയ സംസാരം തുടങ്ങലെന്നില്ല ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് പറയാനല്ലേ നിലക്കേയുള്ളൂ നല്ല മോനം കൈക്കൊള്ളതാണ് അവരെ പതിവെന്ന് ചോദിച്ചാൽ ജവാബ് മാത്രം ആ ജവാബ് പറയുമ്പോ ചേഖാൻ തുടങ്ങണോ അല്ലേ قالوا وائل الا فصكوا تو او لا اور वकल इनमें सेह आवश्यकता कऊलन और कऊल ने आवश्यकता पड़ता दादन में आवश्यकता पड़ता قالوا और बोलन और जवाब आई विला ए खन्न मुदनिला न फस्कوا تو او لا बोला सुकूतन जावला قلت ليه لقاو می لقای المشاعر عذابد ഒന്ന് മന്തിരാണ് തെറങ്ങാനുള്ള മന്തിലുണ്ടല്ലോ അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹൈരത്തി കൊണ്ടും തഹിരേന കൊണ്ടും റപ്പ സൗത്ത് ഉണ്ടാകും പോകുമ്പോൾ തന്നെ പലായയിലേക്ക് എത്തുന്നതുവരെയും ആ രീതിയിലായിരിക്കും മറവുകൂടം അങ്ങനെ കൊണ്ട് നോക്കി അത് മുന്നേ അതെന്താ ഫുബ ഇത്തരത്തിൽ പോകും ഇൻ താലീം ഇൻ നിസ്ബ ആ നിസ്ബുണ്ടല്ലോ ഷെഹ്മാരുടെ ബന്ധത്തിനാണ് താലീമാക്കിൽപ്പെട്ടതാ വയാലിക്ക ഇന്തോഹിം ലിൽ മദാശിർ അല്ലെ മദാശിർ എന്ന ലഹമ് കാസും കാമോസ് കമ്പിക്ക് പ്രതിപ്പെടുത്തിയിട്ടില്ല എന്തായിരിക്കും മദാശിന് ഉദ്ദേശിക്കുന്നത് അതിന് വിവിധങ്ങളായ പോവ് നോക്കിട്ടും അപ്പൊ പണത്തിൽ നാട്ടായി പോയാ മദാശി അതിലൊന്നും തന്നെയല്ലേ അതില മദാശിന് എത്തുന്ന അവസരത്തിൽ അത് പ്രത്യേകം ചെയ്യുന്ന അടിമാൻ തമ്പിൻ റാസിനീനെ അഫലത്ത് വളരെ ഉണർത്താനും സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ മദാശിർന്ന് മനസ്സിലാകുന്നത് ആണെല്ലാം കടന്നുറന്നെ ക്ലോന്നായി തോന്നുന്നു അഫലത്തുകാർജ് കുറെ കളിയും താമസയിലുള്ള നമുക്ക് അങ്ങ് അറബിലൊക്കെ കാണുന്നില്ല രണ്ട് സ്റ്റേസ്റ്റേസ് പുറപ്പെടുന്ന കാത്തിരിക്കില്ല അവരെ വിളിച്ചു വരുത്തലും ഇല്ല ഒരാറത്തും ദൂതം വാറ പറഞ്ഞ് വെക്കലുമില്ല അങ്ങനെ കുറെ ആള് പറഞ്ഞിട്ടുണ്ട് ഓറിങ് വാന്ന് വിളിച്ചു വരുത്തലില്ല ിൽ ഫറ ഫുഖറാ കമ്മ അങ്ങനെ ആദത്തുണ്ടെങ്കിലേ കേ ചുംബിക്കലുണ്ട് ബിജില് ചിമ്പിക്കില്ല ആ താൻ അസ്തനായ രീതിയാണ് ഇപ്പം ഈ തറബിയത്തിൽ ലാതാവിൽ ಅದು ಆದಾಬ್ ಮಹಾಭಟ್ ಇಂದ ತರಬ್ಯತ್ತಿ ಪಟ್ಟಾಮ್ ವಫೀದಾಲಿಕ್ ವಫೀದಾಲಿಕ್ ಆಲತಾ ಯೋರ್ ಶಾಯಿದ್ ಬರ್ನ್ಟಿಂಡು ಯಮ್ಮನ್ ಯೂರಿದು ಹಮರತಲ್ ವಾ ಹಬ್ಬಾ ಖುذುಹಾ ಅನ್ನಿ ಹಿಯಾ ಹಲಾಲ್ ವೈತಂದೆ ಶಲಿಂಗಿನಾ ವಮ್ಮನ್ ಯೂರಿದು ಯಸ್ಖಾ ಯತ್ಕಾಯಿ ಯತ್ಕಾ ಮಿನಹಾ ಬಂದಾ ಹಬ್ಬುಂಜು ಲಿಯ್ ಖಲಾಬಿಲ್ ರಿಜಾಲಿ ಗಿಬ್ಬಾನಾ ಬಂದಾ ಲೇ غير النهائة رأسي حتط لكل شيخ هم المبالي سكوني ذلال محبة خمرة أجريك من الشاء هذا عندما أكره أنه مغي كولون أرى خمرة حلالة محبة لله سأظن الله لله ومن يريد يسقع عارب وذي وكل نوم يسقع منها خمرة اللي قول فيك أفضل ഇടക്കടയിൽ നോക്കും പലപ്പോഴും അബ്ബൻ എന്നാണ് നാം പരമറിയെ പിടിപ്പിക്കുന്നത് ഹബ്ദുൻ പോലെ ഹബ്ദ ഈ ഹബ്ദുൻ എന്താ തർക്കി പോശ്വ അത് ജുംനയിലെ അഞ്ച് സ്ഥാനം എന്താന്ന് മൂത്തറിയോ ഹമറോ ഫായിലോ ഞായ്മോ എന്തെങ്കിലും ഹദ്ദുൻ ജനൌൻ അക്താമി തിജാൽ അതാണ് നമ്മൾ ബാബുജ് ബന്ധം തിജാലിന്റെ കറുവിലേക്ക് വെച്ചു കൊടുക്കുന്ന ഹബ്ദ് ഹദ്ന്റെ ഹുൻ അത് പറയല അപ്പം അമൻ പുറത്തനാവുന്നത് യു രീതിക്കുന്ന അങ്ങനെ ഹബറാക്കലി മുത്തജനമ്മലി അയാളെ ശബ്ദം എന്ന് പറയുന്നത് യോജിപ്പിക്കുന്നില്ല ഒരു ജുംല വന്നാൽ ആ ജുംലയിൽ ഒരു കരിമത്തിന് എന്തെങ്കിലും സ്ഥാനം വേണമല്ല എനിക്ക് മുത്തത വേണം അല്ലെങ്കിൽ ഹബറായിരിക്കണം അല്ലെങ്കിൽ പായലാകണം അല്ലെ മഹൂലാകണം അല്ലെങ്കിൽ ഹാലാകണം അല്ലെ തായ് ബാലാകണം അല്ലെങ്കിൽ മുതാപ്പാകണം അല്ലെങ്കിൽ മുതാഫിന് ഇലഹി എന്തെങ്കിലും ഏതാമുണ്ടാവുമല്ലേ ഈ ഹബ്ദുൻ എന്നത് എന്തിന്റെ ഏതാബിൽ വരിക എന്റെ തലനാണിത് പൊങ്കിട്ടിരിക്കുന്നത് നിഖുൽഖിന്റെ വേണ്ടിയിട്ട് ഹുമൽ മവാലി അവർ എന്റെ ഉടമകളാകുന്നു സഖറി അവർക്കിന് ഇതു ദുലാലിനെ കുടിപ്പിച്ചിട്ടുമുണ്ട് എന്ന് അവിടെ നിസ്കാലില്ല അല്ലെ ഫീ ആയിസ്കാല ഹർദ്ദൻ ചെലവരി അക്കദാ ഇരുചാ എന്നുള്ളത് ഏകാപിക്കലെങ്ങനെയൊന്നും സുലാൻ കുടിവെള്ളം കലപ്പില്ലാത്ത വെള്ളമില്ല ആദാവിൽപ്പെട്ടതാണ് ജുരൂ സുഹും അവിടെ പോയിരിക്കൽ വക്കാരി നല്ല വക്കാറോടു കൂടി കഴിഞ്ഞ മാസമില്ലാതെ അച്ചടക്കത്തോടുകൂടി ഇരിക്കണം സുവാർത്തവും സൗദിനെ താത്തുകൊണ്ടായിരിക്കണം തല താത്തുകൊണ്ടായിരിക്കണം ആണ് ചിന്മരായിരിക്കണം വിൽക്കല കലാമുകൊണ്ട് ശേഖടങ്ങുന്നതിന് മുമ്പായിട്ട് കലാമ പാടില്ലാൻ അതല്ലേ ജവാബാണർക്ക് അറസ പോസറുള്ളില്ലാഹുള്ളാഹുബറയന്നൂ തുംമ ഇൻ തുലിബ അഹദുഹും മിൽ കലാം കലാം കൊണ്ട് ആരോടെങ്കിലും തേടപ്പെട്ടാൽ തൈ കാ كلام നോക്കണം ആദിയാ കലമാണോ ദീലിയാ കലമാണോ തഫൈൻ കാൽ കലമാ ആദിയൻ ആദിയാ കലമാണെങ്കിൽ അസ്താബിഹി മുൻഖഫലൻ ശബ്ദം સાತ್ತು കൊണ്ടവനെ കൊണ്ടുവരണനാണ് അതുകൊണ്ട് അത് എന്ന് വായിക്കാനフィルഉനോമൽഹഖായികി എരി ഇൽമു ഹഖായികി സംബന്ധിച്ച ലാമാണോ എന്നാണ് നൊലിറ അവടെเชิงക്കി ചിന്തിക്കാനുണ്ട് വൈൻ ഹമറത്തു നഫ്സഹു നഫ്സഹു ഈ സംസാരിക്കുന്നിലെ നഫ്സം അവടെ ഹാദറായിട്ട് പങ്കെടുത്തിരിന്നുണ്ടെങ്കിൽ സംസാരം വേണ്ടന്ന് ഒക്കണം അടക്കല്ലതാക്കൂ നഫ്സിലന്റെ വൈബായിരിക്കുന്ന സംസാരം നഫ്സ് കടന്ന ആരും ഹോൽമാക്കൂല്ലേ നഫ്സിലാണ് ഹള്ളണ്ടാഉ അണ്ട് പറ്റാത്തൊന്നും തിരിയാത്ത വലിയ ഹൈക്കുകൾ പറഞ്ഞവളാകുന്നു ഞാൻ സേഫന എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനത് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നഫ്സിനെ പോസ്റ്റാക്കും നഫ്സ് അവിടെ ഹാങ്കലായ അവസരമാണോ എന്നുണ്ടരുത് അപ്പൊ ഇല്ല നഫ്സ് അവിടെ ഹാങ്കിളായിട്ടില്ല അദ്ദേഹത്തൊട്ട് വായ്പ ആണോ എന്ന തക്കല്ലണ്ണ വ്യാകല്യമായും കിഴിവൽക്കരാ അതിലെത്രത്തോട്ട് കുറച്ച് പിടിക്കാൻ കഴിയുമോ അത്ര രണ്ട് കുറച്ച് സംസാരിച്ചോണ്ട് ിൽ വെച്ചുള്ള കലാമ് വളരെയധികം ശിക്ഷാഹമായി പോക്കുണ്ട് പിന്നോക്ക് ചില ജനങ്ങളിൽ ഞാൻ കണ്ടതിൽ പട്ടി വളരെ അജവിൽപ്പെട്ടതാകുന്നു അല്ലാ കമാലിന്റെഹരിക്കാരിൽപ്പെട്ട ചില നേതാക്കന്മാരെ കാണാൻ പോയി കടന്നു ചെല്ലും ചില ആളുകൾ ഹിന്ദിഫായ് ഈ കമാലിന്റെ ലഹരിക്കാറെക്കൊണ്ടെന്ത് ഹിന്ദിഫായ് കിട്ടാനാ പോകുന്നു ഇവരാട പോയിട്ട് എന്താക്കും അറിയാതെ നടക്കാൻ തുടങ്ങും തുറന്നിൻപെട്ട നാടിച്ചേർക്കും നോക്കി ജയഖന ഇങ്ങനെ കേട്ടി ഇന്നോ ഉള്ളത് അപ്പോൾ ഇവരെ കൊണ്ട് ജയഫനാക്കാൻ എന്താക്കിയത് നോക്കാം അതുകൊണ്ട് പഠിപ്പിക്കാനാ ثم يرسفون عالسين اهوم في الايه പോയാണ് كلامാണ്ണ്ടാക്കും ലിതാനഗ പ്രത്യി فِي وجوههم من صور الحقائق ഹകായികന്റെ സൂരത്തിൽപ്പെട്ട ചില وجهങ്ങളാണ് തന്നിชาകായികെന്ന് ഐക്കുള്ളൊന്നില്ല ഹകായികന്റെ സൂരത്ത് പല وجهികളം كلامാണ്ടതു വൈറуна ഇവർക്ക് തോന്നുന്ന അന്നം ബിദാലിക മുത്തഖർരി പോലെ പോബീഹിം ആ അഹ്ലുൽ കമാലന്റെ കൽബുകളിലേക്ക് ഇവർ ഇത് മുഖേന മുത്തക്കി ഭാവിച്ച് നമുക്കൊരു തോന്നല് അവരോട് സ്നേഹപ്രകടം നടത്തിയുന്നു എനിക്ക് തിരിയുന്നില്ല ഹൽക്കൽ കൊളുംബഹും അമ്മായിഹും അന്നലാലിക്കുഹും എനിക്ക് തിരിയുന്നില്ല ഇവർ ഇപ്രകാരം ചെയ്യുന്നത് അവർ എന്താണ് യൗലൂനഹൂ എന്നാണല്ലതല്ലേ അവർ ഒഴിഞ്ഞുപോയിതന്നെയും ഈ പോകുന്ന ആണ് വിചാരിച്ചതിന് വേണ്ടിയാണോ എന്തേ ഒരു വകും അവർ ഒഴിഞ്ഞുപോയി അമ്മ ഒന്നിനെത്തോട്ട് യൗലൂനഹോ യൗലൂന എന്നാണ് എന്താ ും അവർ എല്ലാം കണ്ടതിന് വേണ്ടിയാണോ അന്നദാനിക്ക ഇവർ ചെയ്യുന്ന പരിപാടി വസ്തുസാനി മിമ യുഗദ്വിഹും ഇനെയും ഈ അരുൾക്കമാലിലേക്ക് ഇവർ അടുപ്പിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് നിങ്ങൾട്ട് സംസാരിച്ചേമന്നാലിനല്ല അംഗീകാരം കിട്ടും എന്നതുകൊണ്ടാണോ ആ ഒരു യോഹും എല്ലാ ഈ കമാലിൻ നായലുകാർക്ക് ബോധ്യപ്പെടുത്താനാണോ അന്നം വിശ്വാഹമോനോ പോന ഇതെല്ലാവർക്കും തിരിയുന്ന ആളുകളും ഇവർക്ക് ആസ്വദിക്കുന്ന ആളുകളാണെന്ന് മറ്റുള്ള ആളെ ബോധ്യപ്പെടുത്താനാണോ എന്താ ഇവർ ഈ ഒരിക്കലും നമുക്ക് മനസ്സിലാവുന്നില്ലാഹു ഇത് മുഴുവനും ചെയ്ത് ഗുണ്ഡിത്തമാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് ആര് പറയുന്നു അത് തീർന്നു ഇനി ഒന്നും ആക്കി മുദാക്കറിന്റെ നീ എന്നോട് ഭാഗപറീരോ എന്ന് പറഞ്ഞാല് ആടാ ചിലപ്പോരണ്ടിയും വരൂ ചിലപ്പോൾ കുറച്ച് പോരണ്ടിയും വെറുതെ പോരണ്ടിയും വരും ആടാ പിന്നെ ഉമ്മണിക്ക് നിന്ന് വലിയ എന്താ വേണ്ടത് അതാ അമ്മ പലി അവന്റെ കിലും എന്തെല്ലാം ഉണ്ട് എന്നോട് പറഞ്ഞോട്ടെ ഈ ആഴത്തല്ല അത് ഷെയ്ഖിനെ സഹായിക്കതാണ് ഊന മൂപ്പർക്കൊന്നും പറണ്ടല്ലാ അതെന്താണ് ബിൻ അത് ശബ്ദം കൂടിയും ഷേഖനോട് എതിർക്കാൻ പാടും ഫീ കലാമി ഷേഖൻ പറഞ്ഞ കലാമിരി ഷെയ്ഖന്റെ കലാമ് തിരിയാത്ത വച്ചു അല്ല ഇവന്റെ റഹീതോടെ എതിരായിട്ടാണ് ഷെയഹന്റെ കലാമ് വന്നതെങ്കിൽ അവർ ഈ മാറക്കൽ അയച്ച വന്നതെങ്കിൽ എപ്പോഴും പറയേണ്ടത് ആ ശ്രീലി ആ മാക് തിരുത്തേലല്ല എന്ന് പറഞ്ഞേക്കല്ലണ്ട് ഞാൻ മനസ്സിലാക്കി എതിനാണല്ലോ അത് അതിനെതിരായിട്ട് ഞാൻ മനസ്സിലാക്കാൻ ഒന്നും പോരണ്ട ആ പറഞ്ഞത് ഒന്നും തിരുത്തില്ലെന്ന് പറഞ്ഞേക്ക് ലെഹ്റലിയെ കഥാ എനിക്ക് മനസ്സിലായി പോയത് ഇങ്ങനെയാണ് ഏ അവർ അടുത്തേക്ക് അവരുടെ സ്വന്തം കഴിയാണെങ്കിൽ എല്ലാമിന്റെ രീതിയിലാവണം എതിർക്കുന്ന രീതിയിലാകാൻ പാടില്ല എതിരായൊന്നാണ് ഇവന്റെ ലാഹിറായതെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുണ്ട് സേഫോതിരായിരുന്നു ും എനി പറയട്ടെ ഷെയ്ന്റെയും ബാദുൽ ഫിന്റെ ആവട്ടെ അവരിയും പുറമേ നിന്ന് വന്ന ഒരാടിയിലാവട്ടെ ശെയ്ഹിന്റെ അടി മാറണ വന്നാൽ ഇവനാരെ വാത്തുകൂടണം പല്ലംസുശേഖന വാത്തു നിന്നോണം അതുകൊണ്ട് അത് ഷെയ്ഖിന്റെ വാക്കലിൽ നിന്നും അബദ്ധത്തിനെ വിളിച്ചുകൊണ്ട് എന്ന് കരുതപ്പെട്ടതാണ് എന്നെ സഹായിക്കാൻ ഇവർക്കുണ്ടല്ലോ എന്നുള്ള ഇതുണ്ടാവല്ലാത്ത കൗലാന്ന രണ്ടാമത്തെ വരി അങ്ങനെ തുടങ്ങുന്നു തുമ്മ ഷെയ്ഖ് കൈകാര്യം ചെയ്തു ആവശ്യപ്പെട്ടു മേലുമായിട്ട് ഇന്ന് കലാമൻ ആ കലാം ഒരു കലാമിന് ആഹല വേറൊരാളെന്നാവശ്യപ്പെട്ടാൽ കല്ലമഹു സംസാരിക്കാന് കരിമത്തൻ അല്ല അങ്ങനെ ഉണ്ടാകും കല്ലമഹു കരിമത്തൻ ആ കല്ലമഹു സംസാരിക്കാം ആവശ്യപ്പെട്ടിട്ടില്ല ഫസ്ലിയാ وقد شر في هذه الآذاب اثرت الناذاب لك نار اشارتاكي ما يارتن اكثرധികമുണ്ട് എവിടെ ഈ തസീത്തിൽ ഐനിയ്യത്തി അന്റെ ഐനിയായ തസീദിലി അൽത്തി വബഅതുഹാ ഫിൽ ആദാബ് ആദാബിനെ പറ്റി പറയാൻ വേണ്ടി തസീദയാണ് അപ്പോൾ ഐനിയോ ഐനുകൊണ്ട് അവസാനിക്കുന്നു മാ ശൈഹി ആദാബുൻ സാരിഹിന്റെ വയ്തന്ന മാ ശൈഹി ആദാബുൻ കൊല്ലവുല്ലേനോടൊപ്പം കുറെ ആദാപ് വാദിക്കാറുണ്ട് ഈ ആദാ ബംഗാലും അവൻ ഉണ്ടായിട്ടില്ലെങ്കിൽ കത്തിയാത്തിന്റെ വാദിലേക്ക് അവൻ മേഞ്ഞെടുക്കേണ്ടി വരും അതിന് മത്സരിൽ കത്തിയത്തു നേരം മാമ്പത്തുമായിട്ട് ബന്ധം കൂട്ടുകൊണ്ട് അലഞ്ഞു നടക്കേണ്ടി വരും എന്തെല്ലാം ആദാബ് ഹൈബത്ത് കമാൽ ചീലി അക്കലോ കമാൽ ചീലി ആ അന്നൂ ജാമ്യൂ അപ്പൊ എന്താ ഒരുമിച്ചൂട്ടിയാ ഹോ അയിബത്ത് സിദത്ത് മഹബത്ത് അക്കലും കമാൽ ഇതെല്ലാം അവരിൽ ജാമ്യമായിരിക്കണം പിന്നെ ഫല തറൊപ്പൻ عبر حاضر آغن بصرات الشدت لمرتان بار الله ولا تنحكم فضنك فيه فجائعو <تصفيق> شركان بار الله كارنم شرياغنة عدل اند فجائعو فلابدان قرم اند ولا تعترن أصلا عليه فإنه بنور شهود للبصيرات طابعو سيخ النذي لاتني اترى الوريان بار الله قائرنا فإنه أدهم بنور شهود للبصير منذ البصير الدابيون فإنه تابع للبصير بصيرت نور دابي أيكونا نادهم سمساري كنت بصيرت ننده برغاشم شهود النور إذال بصرن سولة برغاشن واندقانو اللهم إذال بصيرت ننده وانم شهود النورن <سؤال> داب ആ നൂറോട് കൂടി ബന്ധപ്പെട്ട ആ രീതിയിൽ അയാൾ അതിനോട് താപിയായിട്ടാണ് നീങ്ങുന്നത് നീ നിന്റെ കണ്ണിനേറിയാൻ പാടില്ല വേറെ ആളെ വെള്ളത്തിരിക്ക് എന്നുവച്ചാ ഇവിടെ വക്കന്ന് കിട്ടുന്ന കാര്യത്തിൽ നിന്ന് ശ്രദ്ധ വെക്കണം ഇതുകൊണ്ട് ചാടി വേറെ ആൾ പറയുന്നുണ്ടല്ലോ അത് നോക്കണ്ട അങ്ങനെ പുസ്തകം നോക്കണ്ടാരാ അങ്ങനെ വന്നാൽ പൂമ നിന്നെറിയപ്പെടും കസീറൻ നീ മുങ്കശനായിട്ട് വെള്ളം കിട്ടാതെ ദാഹം പിടിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് നിന്നെറിയപ്പെടും നായി നീ നയ അതിനായി പോകുകയും ചെയ്യും കഷ്ടപ്പെട്ടവനായി പോകും വെള്ളം കിട്ടാത്ത മരുഭൂമിയിലേക്ക് എന്താക്കും നിന്റെ എറിയപ്പെടും വേറെ വെള്ളാശാലും വലാത്ത ഹുറുജൻ മിൻ മിൻ ഓശീനാണുള്ളത് അല്ലെ അതാണ് അർത്ഥം ശരിയാവില്ല ഓസ് അയിനാക്കി വായിക്കണമല്ലെങ്കിൽ അത് അർത്ഥം ഇന്ന് അർത്ഥം ഇല്ലാത്ത വലാത്ത ഹുറുജൻ നീ പോർത്തുപോകാൻ പാടില്ല മിൻ ഓശി തറബിയത്തിൻ തറബിയത്താകുന്ന ആ അതായത് പക്ഷികളൊക്കെ ഇങ്ങനെ ഇത് വെക്കൂല മുട്ട മുട്ട വെച്ചാൽ അതിനോട് കോഴി കയറീറ്റി കടന്നിട്ടിങ്ങനെ ആകുന്നില്ല എന്റെ കൂട്ടില് ഇതൊക്കെന്ത് പറയും ഋസ് എന്ന് പറയും അപ്പൊ ശേഷിന്റെ തറബീയത്താകുന്ന റുശിൽ നിന്നും ഒത്തുപോകാൻ പാടില്ലാന്ന് അദ്ദേഹത്തിന്റെ ചൂട് അതിനോട് നീ വിരിഞ്ഞു ചെയ്യാതെ അവിടെ ഹസ് എന്ന് പറഞ്ഞുണ്ടായി മായം ചേർക്കുന്നതും ഋശ് എങ്ങനത്തെ തറബീയത്താണ് റദത്ത് അതായിട്ടുണ്ട് തൊമിദ് കബൻവാർ പലതരത്തിൽ അൻവാറുകൾ കൊണ്ടും നിന്നെ അതെന്താകും ഇന്താദ് ചെയ്യും ഈ അൻവാറിൽ നിന്നുണ്ടാകും തപാ ഒന്നിന്റെ പിന്നെ ഒന്നിന്റെ പിന്നാലെ ഓരോ അൻവാറുകൾ ഇന്താദ് ചെയ്തിട്ട് ഒന്നിന്റെ പിന്നാലെ ഒന്നിന്റെ പിന്നാലെ മറ്റൊന്നു നിന്നെ തറബിയെത്ത് ചെയ്യുന്ന ഇന്താദ് ചെയ്യുന്ന തറബിയെത്താകുന്ന ആ ഉച്ചിൽ നിന്ന് ആ പക്ഷിക്കൂട്ടിൽ നിന്ന് يترى يوم التواصل الى اللحة اجهال عمديند إلا أنترى الترشيل قدحان وقتو وصرت من التمكين عمروك شايعو ني كانت ذلك ترشيل رشد عقيد كدك صندن رشد عندما يتعلم وارعاك رشد عقيد كدك هذا كان قدحان وقتو هذا انتهى سميم آيه كده نمو بطيك نون مادرم الله وسرت نيائي أمرك شاي من التمكين لندكاري من پرسدّم آي تنده تمكين ومع تمكين إليك إليك إليك إليك حالاي مقام آي تمكون آي تمكين آي لدلّو تمكين آي بلنا نندكاري من داي منره پرسدّم آي تنده دوري يمبردو مغان إليك إليك تُمِدُّو مِنَ الْأَنْمَارِ مِنْ كُلِّ وَجِهَةٍ إِلَّا بَاغَ تِلْكُونِيُمْ أَنْمَارِنَّا نِنَكْ إِمْدَادِ ج അനാമി പടപ്പുകളിൽ നിന്ന് താപിയോ നിന്നോട് താപിയായി ചേരുന്നാരുണ്ടോ അവരെ അല്ല കുടിപ്പിക്കാൻ നീ ഭാഗമായി നിന്റെ എല്ലാ ഭാഗത്തും എനിക്ക് അൻവാദം കിട്ടുന്നു നീ മറ്റുള്ള ആളിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് സർവേറ്റ് ചെയ്തിട്ട് അതിന്റെ കാലം വരുന്ന പേരിൽ സെയ്ഫിന്റെ പക്ഷി കുടിഞ്ഞു പുറത്തേക്കുടാം ും മുക്കാ അത്ര എളുപ്പുണ്ട് സമ്മാറയിലെ അതമിൽ മുഖം കാതിമു അപ്പൊ ഒരു നാട്ടിലെ കൊറേ സുഹൃത്തുക്കൾ വന്നു അപ്പൊ അവരെക്കാൻ വേണ്ടി കൊറേ ആളുകൾ ഉണ്ടാകുമല്ലോ വന്നാൽ കണ്ടാ പേര് കാതിമ്യങ്ങള് കാത്തിൽക്കുന്ന ആളുകൾ കണ്ടാ പേര് ഈ മുക്കുദമുൻ അലേലി ഓരോ പരസ്പരം ഇച്ച കടമകളുണ്ട് എന്തെല്ലാം പറയുന്ന ുൽ വാരികാമ ഇക്കാമത്തിന്റെ ഹരികാർക്ക് വാജിബാണ് ഇക്കാമത്തേതാ ആ നാട്ടിൽ ഇപ്പോഴുള്ളവര് തസക്കുതൽ വാരി പുറമേന്ന് വാരിലായി കടന്നു വരുന്ന കാതിമ്യങ്ങളുണ്ടല്ലോ അവരെ ശരിക്കും എതിരേക്കൽക്കറാമ ത്യാദരവോട് കൂടി വരവേൽക്കൽ വാജിപാകുന്നു കൊറേ സ്വാധീനങ്ങൾ വന്നിട്ടുണ്ട് അവരെ നമ്മൾ ഉണ്ടാക്കണോ അവിടെ കൊറേ ആളുണ്ടല്ലോ അല്ലാതെ شائر وانا نميك ترمنشوينن وغيرن نسكو نمتن ابا وحبا يزور القوما في الحرامي وحبا نورنا لاجه اعراري كيون واريد واريد يزور القوما قوما كانا بوانا في الحرام حرامي لانا كيون ഹറമിലാണെങ്കിൽ ഹറമിലുള്ള ആളെ അങ്ങോട്ട് കാണാൻ പോകണമെന്ന് പറയും ഹറമിലല്ലെങ്കിൽ വിരുദ് കാണാൻ വേണ്ടി ആളിങ്ങോട്ട് വരണമെന്ന് നമ്മൾ നമ്മളിപ്പോ അറമിലേക്ക് ചെന്നിലുള്ള ആള് കടന്ന പോന്നാൾ കാണിയ വേണ്ടി സ്ഥലത്ത് പോയാലോ ഇവിടെ വന്ന ആളോ മറ്റൂർ കാണാൻ വരികയോണ്ട് അതെന്തിനാ അറമിലാകുമ്പോൾ കൌമിനെ അങ്ങോട്ട് സന്ദർശിക്കാൻ പോകുന്നതിന് അത് പറയുന്നത് وانما ذاك للاحترام اذا حرمي له احترامني والديتك ويابدوا الولايد بالسراامي وبالتامي ثم باليكرامين واريدനോ ആദ്യം കൊടുക്കേണ്ടது সালামாகுನು പിന്നെடு കൊടുക്കണം താമ പിന്നെ來講ിക്കാനുള്ള കാര്യം كلامും ইক্রামും പിന്നെونکوর කින්දල കൊടുത്തിලා ওয়া কলমূহু মা'দা তক্লীমা ഇറാം അല്ലും കഴിഞ്ഞിട്ട് പിന്നെ കലാം ആ കലാം എങ്ങനെ ഇബ്രാഹിമ ഇബ്രാഹിം അലിസ്ലാമിന്റെ വീട്ടില് വരുന്നാറ് വന്നപ്പോൾ അപ്രകാരം ചെയ്തതാണ് അതിന് പിൻവറ്റലാകുന്നു ഇത് ആറ്റിലുണ്ടല്ലോ സലാം പറ സലാം പറപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഇതല്ലേ പിന്നെ എവിടെന്ന എങ്ങോട്ടാ കൊന്നൊക്കെ ചോദിച്ചത് ഇനി വഖാരിഹു സ്വഅല ഹാദൽ വാരിദി ഇല്ലാ അലി ഷൈഖിയ ഔലി താലമീദി വഖരിഹു അവറുറുത്തു തൻദു സ്വഅല ഹാദൽ വാരിദി ഈ വാരിദിനോട് ചോദിക്കൽ ഇല്ലാ അനി ഷൈഖി ഷൈഖനെപ്പറ്റിയോ ഔലി താലമീദരെ സൂറുത്തുക്കളെ പറ്റിയല്ലാതെല്ലോ നാട്ടോർത്താൻ ചോദിച്ചിട്ട് ഭയേ സമയങ്ങളുണ്ടാ ഷൈഖനെപ്പറ്റി അതുകൊണ്ട് ഇഹ്മാദിങ്ങളുടെ അവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ ചോദിച്ചതില്ല ഈ അഞ്ചു പരി വയറ്റില് ആതാബുകളാണ് ഒന്ന് കറാമ കറാമത്തോ ആദരവോടുകൂടി വരുന്നവനെതിരേക്കുക അതെങ്ങനെ ബഹുമാൻക്കായി കാണാൻ അങ്ങോട്ട് പോക്കന്ന് ഒന്ന് അവന്റെ മുഖത്തൊന്നും ആ ബയിൽ നല്ല സന്തോഷം ആ അതിന്റെ അനുഗ്രഹമായിട്ടുണ്ട് എന്ന് പ്രകടമാക്കണം വൽ സിഹി അത് അവരെ കൊണ്ട് സന്തോഷിക്കണം വൈറാ ടീമിൻ അവന് വേണ്ട കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ ആക്കാത്ത വിധത്തിലായി കൊടുക്കുക എന്താ സാധനം വാങ്ങി വെച്ച് ഇൻപ്ലീറ്റ്മെന്റ് ഒന്നാക്കി എല്ലാം സിനിമ കാത്തി അതുപോലെ ഓർക്കുള്ള പാലിലൊക്കെ ആത്തും അവൻ ഇറക്കണം ഈ മഹല്ലിൻ താലീമിനെ പ്രകടം മാക്കൊണ്ടുപോയി ഇറക്കണം അവതങ്ങ് കാണിച്ചാലും അവിടെ ഇനി വന്നാൽ പറ്റൂല അങ്ങനെ പോയി നീഡിയ ഹോരാനെടുത്ത് പോയി ചേരുന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓർമ്മണ്ടേ ആ മുക്കിരിക്കാനുള്ളത് മുക്കിന്റെ ഉള്ള മുക്കറിഞ്ഞാണുങ്ങനെ ഇല്ല ഇതൊക്കെ അടക്കണം അത് ഹോരന്യാണ് അപ്പൊ അയാളെ നാട്ടില് വെല്ലുവിളായിട്ട് കടന്നുകൂടോ പള്ളി കൂടുന്നോടോയ്ക്ക് ആളിക്കണം പിന്നോടും തന്നിങ്ങനോടും ജയിക്കണം അയാൾ എന്തിനാ കാണിയിട്ടിരിക്കുന്നു അയാൾ എന്തിനാ കാടാനാണ് അപ്പൊ അയാൾ എത്തിച്ചാലും തൊടലില്ല അയാൾ അയാൾ തരാൻ പറയില്ല എന്തിനെന്തായിരുന്നു ഇനി അമ്മഞ്ചാവിന പക്ഷെ നന്ദിയിലെ ഉദരിക്കുന്നത് നമ്മുടെ ഉറങ്ങണമെങ്കിൽ നോക്കിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ കാഴ്ച അവതും വരാം നമുക്കൊന്നും ഇല്ല അവതും കിടക്കാറുണ്ട് നമുക്ക് നല്ല തണുപ്പൂറ്റില്ല ആ അതാരും ഒരു കൊര പോലെ ആ ഉദാവിയത്തിൽ അല്ലെങ്കിൽ ദാവിയെ പോലെ കൊത്താറ് പൊരയായതാണ് അവരവർക്ക് ഈ താദീമിന്റെ പ്രശ്നമല്ല കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഫൈൻ ഒരു മഹല്ലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മല്ലം ഞെക്കുന്ന ഹറ ജാർ അവിടെ പുറത്തു പോയിട്ടില്ലാത്ത ആളുകൾ എന്താക്കണം വേറെ വണ്ടി ഇങ്ങോട്ട് വേണം വാരിദിനെ കാണാൻ വരത്താണ് ഇല്ല മക്കയിലായാലും ഒരിക്കെ അതാണ് ഇതുവരെ ാഹിൽ ഹറാമിന്റെ അങ്ങോട്ട് കാണാൻ പോക്കാതെ കാതിമികൾക്കോടമ അതെന്തിനാർമ്മി ബൈത്തില്ലാഹി ഹറാമിന് ആദരിച്ചു വേണ്ടിയിട്ട് പൊലായക്രജൂനം അപ്പൊ ഹറാമിൽ നിന്ന് ഓർ പുറത്തിറങ്ങില്ലല്ലോ ഇല്ലാ മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മുക്ക് ആരംഭിക്കാറല്ലേ സാധിച്ചത് അതായിട്ടോ അപ്പൊ ഓറാ അപ്പൊ പള്ളിയിലിരിക്കുന്ന ആളാപ്പുറത്തേക്ക് വരുവോ അങ്ങനെ ആ വരില്ലേ ഞാൻ പള്ളിയിൽ അല്ലാരോ നമ്മള് തിയാസ് പറയാ പള്ളിയിൽ എത്തിക്കാൻ എത്തി വഹിക്കുന്ന ആൾ എന്നെ കാണാൻ വരണോന്ന് വെക്കുന്നതിനേക്കാളും വരുമല്ലേ അതുപോലെ ഇവിടെ തിയാസ് ചെന്നിട്ടല്ല അങ്ങനെ വരുമ്പോൾ എത്തിക്കാപ്പള്ള പള്ളി പോയി കണ്ടുവരിക അങ്ങനെയാ രണ്ടത് ഒരു കാര്യമായ അമലും സ്വതീരത്തും അയാൾക്ക് മുറിക്കുന്നുണ്ടോ അല്ലോ മഹാദാമാനാ വാതിൽ വ്യക്തി പറഞ്ഞു എന്ന് പറയുന്നു കൊണ്ട് തുടങ്ങണം അവർക്ക് നേരം സന്തോഷിപ്പിക്കാൻ വേണ്ടി അതാണിപ്പോ ഞാൻ ഇസലാ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുല്ലി ദാഹലിൻ രഹസത്തുൻ എവിടെയും കടന്നു വരുന്നെപ്രാളുണ്ടാവും അമ്പരത്ത് കൂടോ എന്നു പറയാൻ പറ്റോ അപ്പൊ കൊണ്ട് തുടങ്ങിയ പിന്നെ അതെല്ലാം തീർന്നല്ലി തായ്മൻ വഹ ഏതൊരു തായ്മിന്നുണ്ട് വഹശത്ത് യുന്ന് കൊണ്ട് തുടങ്ങുക എന്താർത്ഥം അസലുദ്ദേശം ഏതാ ഇവിടെ ഒരു ഭക്ഷണം കൊണ്ടുവച്ചു ഈ ഭക്ഷണം കൊണ്ടുവച്ചാല് ഒരു തായ് മന്നാരി താമാണ് ഈ തായ് മന്നു നിങ്ങോ ഇത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ഇതെന്താ കൊണ്ടിരുന്നെല്ലാം ഒരു വശത്ത് പോകണം അപ്പൊ ഞമ്മ ഞമ്മ അത് ബാമൊക്കെ തിന്നാന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഞണ്ട് ഒരു ധൈര്യം വന്നല്ല ഇതിലകടെന്തോ ഉണ്ടോ ചതിയുണ്ടോന്നില്ല അതൊന്നും പരിഷ്കാരം നടപ്പല്ല من وليها صار واجب ادو الوارد بالسلام ذرا ثاني صح موانعه ومبادره هو بالتعامد ومبادره ಆಗನು وسمى هذا تعامي تعمن قراءه வேறുണ്ട് विरुന്നു ತಲ್ಕಾರ್ತಿ ಅಕ್ಷರದ ಕರಾದ ಇರುವുണ്ട് ವಲ್ муরাদो এবರ تعام ಉದ್ದೇಶ ما تيسر ووجدا ಎಣಪมายದು ಅವಡಪರ ತಿಕಪನ ಅಂತಾನೋ ಅडान ಒಳಗೊಂಡೇಕ ತಾರ ಈ ಬಂದুকু ಅಂತಾ പാട് വെട്ടിട്ട് ചെയ്യാതെ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം അതിന്റെ ആവശ്യമില്ല തകലിന്റെ പുനഃ മറ്റൊന്ന് സമ്മതിക്കാനും പാടില്ല മഹാഅ ഈ പറഞ്ഞത് ഞാൻ മനൽ മസാ ഇലെത്തിനെ പോലെ ഉപാത ഉപാതറത്ത് ആവശ്യമാണ് എന്ന് പറഞ്ഞ കൊറേ മസാല ഉണ്ടല്ല അതിൽപ്പെട്ട ഒന്നാല് ശങ്കരേക്ക് കൊടുക്കാൻ വക്കത് നമമഹാബാബ് ആ മസാലകളെ വൈറ്റാക്കിയിരുന്ന കൊണ്ടും ഉപതൃത്തുവാണം ഒട്ടും പിന്തിക്കാൻ പാടില്ല ദോഷം വന്നാൽ പിന്നെ കിറ ഏതാ കിറ വീരുന്നക്കാരം പിന്നെ ദഫിനി വെയ്ത്തിനെ മറ പാടലി അട വെച്ചിട്ട് ഉപ്പാ പാലി അടപ്പാറ്റ് ഇരുപത്തിനാല് മണിക്കൂറും വെച്ച് നാപ്പത്തെട്ട് ആടെ സീറ്റിൽ ആണ് ചീഞ്ഞ് നാറി ആകെപ്പോ ആടെ നാറുമ്പോ ഞങ്ങള് പ്രക്ഷപ്പം കൂട്ടി എടുക്കരുത് പിന്നെ കപ്പം ചെയ്ത് ഇവരി നെൽക്കുണ്ടാക്കരുത് അവിജയിക്കോ അല്ല മറ്റും പുറത്തേക്കോ കപ്പം കൊയിഞ്ഞേറ്റിറ്റി അങ്ങനെ നിൽക്കണ്ടാക്കലില്ല പിന്നാഹ് ബിക്കുർ ഡിക്കുന്റെ നിക്കാഹി പിന്നെ സ്വനാത്തിനസ്കാരം അപയോഗം ഞങ്ങൾക്കൂല ആടെ സന്ത എന്തും തെളി പോയില്ല ദൈവിഞ്ഞ കടമ്പൂടി പിന്നെയുഹ നാലാമത്തെ അവന്റെ ആദരവിനെ പ്രകടമാക്കണം ബിമാഅലി അവൻ ആവതരാകുന്ന കണക്ക് കണ്ടും പക്ഷെ അങ്ങനെ അതിന് വീട്ടുകാർ തക്കൽ ലുഫുണ്ടാക്കാൻ പാടില്ല പാടുപെടലി വല തകരീത്തിൻ ഉള്ളത് നന്ന പോരായ്മുണ്ടല്ല നല്ല ലക്ഷ്യ കളി അവൻ പറ്റൂല മദ്യാല് അവൻ സ്വയം തക്കല്ലിപ്പ് വഹിക്കലുമില്ല വല എക്കല്ലിപ്പ് വേറുള്ള തകരി പാർക്കലും ഇല്ല അത് നമുക്ക് ചോദിക്കൂല ഫയൻഖാന അവൻ അൽപ്പം സാമ്പത്തിക കഴിവുള്ള ആളാണെങ്കിൽ ി ഇസ്ലാമി ഇക്റമിൽ നല്ലോണം കൈകാര്യം ചെയ്യണം മിന് അനുസറീൻ ഇസ്ലാഫ് പാടില്ല എന്ന ഹെർത്തോട് കൂടി ഇക്റാമക്ക ഇസ്രാഫ് പറ്റൂലി റബിയുള്ള വരമ്മ വരദ അബു ഹസ്സിൻ അബു ഹസ്തു റഹ്ല ജുനൈദ്യപ്പോൾ തക്കല്ലി ഷെരുമത്തി ആ തക്കല്ലിയത് ജുനൈദ് അബു ഹസ്സിനെ ഹിദമത്തെടുക്കാൻ വേണ്ടി കൊറച്ച് തക്കല്ലുപ്പാക്കി പങ്കർ ആന അപ്പൊ എതിർപ്പ് ആര് അബുഹ അപ്പോൾ നിങ്ങൾ കടന്നെങ്കിൽ അല്ലം തൊക്കെന്താ ഫക്കീർ അല്ല ഹുക്കീതായിരിക്കും അപ്പൊ അതിന് എതിർപ്പ് വന്നു ഫക്കാര സയ്യർബി മഹാനീ ത എന്റെ അച്ഛാഭിമാർ നിങ്ങൾ മുഖന്നതികളാക്കിയതോയും അൽവാനക്കാമിയോ സയ്യബാത്തി കൊല്ലയോ ഇന്നെല്ലാ ദിവസത്തിലും നിങ്ങൾ പലതരത്തിലുള്ള കാമ സിബാത്തങ്ങളെ കൊണ്ടാണ് നിങ്ങളെ മുഹന്നതികളാക്കാനോ ഉദ്ദേശിച്ചോന്നും മൂപ്പർ നൽകി വൈന്നമൽ പുത്തുക തക്കല്ലൊപ്പ് നമ്മളെടുക്കല പുത്തുകൊത്ത് എന്ന് പറഞ്ഞാൽ തക്കല്ലൊപ്പ് കൊണ്ടാണോ നോക്കല പുത്തുകൊത്ത് എന്ന് പറഞ്ഞാൽ നീണ്ട വാക്കെന്നാണ് ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളുന്ന പണ്ട് തോന്നി രാഷ്ട്രീയ മോദിയാ അതായത് സർസ്വഭാവം മുതൽ തുടങ്ങിയിട്ട് തിരുന്നതൽക്കാലം മുതൽ ദാനധർമ്മം മുതല് താതുക്കള സാഹിത്യം മുതൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സർസ്വഭാവങ്ങളുടെയും ഒരു മജിമ പുത്തൂകത്ത് നമ്മളെടുക്കുള്ള പുത്തൂകത്ത് എന്നാണ് തക്കല്ലുപ്പില്ലാണ്ട് നമ്മൾ ആരോഗ്യ തുടങ്ങിയെന്ന് അങ്ങോട്ട് നേരത്തെ നേരത്തിന് പല തൈ ഭാഗത്തും പല പക്ഷങ്ങളുണ്ട് നമ്മളാ മുഹന്നതാക്കാൻ അറിയിച്ചു ثم قال له أن الرجل عيد رضي الله أنه ورور ورد وردكن إذا عمر الفقر فقرعكم ماردين لكن حاضر آيال فقد إن همني خدمتر <متحدث> تو بلا تقلف تقلف إلا رغمنا خدمتر فباروال النمار لكن باروالي يبين نكتن نعرت ونعمق وليا وديمتت فعذا باركان ندونا بار إلا يبين ننه فيتشو لأنا من نمار نمار إلا أباسي خباري ملي بدلال آلائي ماري آموني അത്തായിരാശവും മാക്കാൻ നിങ്ങള് വെച്ചു ഓരെല്ലാം വെച്ചു പാട് പൊട്ടി പണിക്കുമ്പോ നീ വളരോധ്യത്തിനിന്നു ഓർ നിറയട്ടെ നീ എന്താ ഒന്നും നൽകുന്നെരം അവർ ഇവിടെ താമസിച്ചാലും പുറത്തു പോയാലും ഒരേ മനസ്സിലാവട്ടെ രണ്ടാമ കുറെ പാടുവെട്ട് മനസ്സുകൊടുക്കുക അതും വേണ്ട അപ്പൊ പോകുന്നതും വെറുവെല്ലാം അല്ല ഒരേ രീതിയാകാമത്തേത് കലാമൻ ഹഫീസൻ ചെറിയ തോതിലുണ്ട കലാം കമാം ഇബ്രാഹിം ചെയ്താന്ന് തെളിവാ കമാം ഇബ്രാഹീമാബിസ്ലാം امتى تاب التهاب امتى سلم و قال الله اعطنا هل افاد حديث ايبيراهيم احمد عن الدين قال سلام انك رجل قال فما خطبكم ايها المرتلون ان هذا فحال اي فما خطبكم ايها المرتلون ان بعد قول كلام انا سلام متى ممكن ارجع عادنا برجكونا منه سلام برضو و الى يشار النار وقلبهه ി എം വി ഇബ്രാഹിം അലി പിന്നെ വർത്താനത്തിനെ പറ്റി ചോദ്യം ഒഴിവാക്കുക ആരെല്ലാം വോട്ട് ചെയ്തിട്ട് നല്ല നല്ലോണം ജീവിക്കുക പോളിംഗ് എത്തുന്നുണ്ട് അല്ലെങ്കിൽ നിൽക്കട്ടെ വർത്തമാനം അവിടെ നിൽക്കട്ടെ പൈതം വിമാനായ അതൊന്നും നമുക്ക് ഓർവിച്ചില്ല അല്ലല്ലേ വഅസ്ല ഖൽബ ഖൽബിനി കصابതുൻ ദാകിണി വഇലിഹി യസഹ വഖരിഹൂൻ വഖരിഹൂന ബിൽ ഖർബ് അതെ ദഖരിഹൂ സൂഅഹദൽ വാരിദീൻ ഓർനെ എന്നെ ചോദിക്കണ്ട വഅസലു മാ ദറഹുന്നാ ബിമൂ ബൈത്ത്ണ്ടാക്കി ഓർഅസ്ലാക്കി പിടിച്ച എന്തിനാണ കൗലു സുലമിയ റളിയല്ലാഹു അൻഹു എന്താ കൗലി വാരി നി മോതീനേ ന അയ് യു സല്ലിമു അലൈഹി എന്നാണ് തുലമി പറഞ്ഞു മോഖേമേങ്ങളെ വേൽ വാദിബാണ് അയ് യു സല്ലിമു അലൈഹി വാരിദുല്ലഹി സലാം പറഞ്ഞ അൽ വാരിഗമേലെ പ്രസാദാന ആഗതി ഇതിന്നതു വേറുനാളേ അതില്ല ഒല്ലില്ലേ ഉണ്ട് അ അ പിന്ന ഫോ ഹഖുൽ ഖാദിമി അയ് യു ഗാറാ ഖാദിമിൻ ദ ഹഖ് തകണം അയാ കാണാൻ മോണാണ് إِلَّا لِكَوْنِهِ بِمَكَّةَ مَقَامِهِ لِيَأْتِيَ فَيَنَالِي زِيَارَةَ الْمَجَاوِرِينَ لِهُوَ مَوْطِنُ بَيْتِ اللَّهِ الَّذِينَ رَأَيْتُمْ بَغْضُ ثُمَّ يُقَدِّمُونَ إِلَيْهِ مَا حَلَّ مِنَ الطَّعَامِ وَالْغَيْرِ فَتَكُنَّ الَّتِي تَرْمِي بِرِزْقِهَا تَتَلُفُّ بِالنَّادِ كَمَا حَيَا طَعَامَ نَقُدُّ وَكَلَمَ فَقَضُوا إِلَى أَدَبِ مَعَ اللَّيْفِ لَيْفُهُ لَهُ الْأَدَبُ وَنَزَلَ عَنْ أَبِي سَلَامٍ ثُمَّ بِالْإِكْرَامِ قَتَلَ الْخَلِيلَ إِبْرَاهِيمَ عَلَيْهِ السَّلَامُ ويتو قام به بي طلع سلام اكرام قسم بالخليلي عليه السلام انزل عليه تعالى والسلام قال سلام فما نبي عن جاء بعجر الحميد طه طرامتي الله لقد بق كانت انتو ابراهيم ابن ابي بن بترونا قال الله تعالى لقد قال لك بوث سنتنتم في ابراهيم والذين معه بينه الا بقي وانا يساله ان هذه في الدنيا ما لا يدني عا ليس ملات هذه الدنيا കൊണ്ട് ചോദിക്കാൻ പാടില്ല بل እን ചോദിക്കണം അസമർ വസായിസി ولتصاب وللطوال المتعبدين على اعمال الخير خيره ايجادتي بسرતમ സഹായിക്കുന്ന ഇഹ്വാനീങ്ങളെ സഹാബിമാർ هذولا വസായിസും മലഗരിтелей നമുക്ക്ം പങ്കാടിക്കേണ്ടല്ലോ ുംകിയാ വക്കരി മഹാൻമാർ കൊടുത്തിട്ടുണ്ട് തനിയെ അഹോ അവർ ഉപേക്ഷിക്കന്നെ ോ ദിവസേന ചെയ്യുന്ന ഔറാദവനെ നഷ്ടപ്പെടുത്തി കളയിൽ അവർ വർത്തു കയ്യപ്പ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുക വക്ത ദിയാദത്തിന് വേണ്ടിയാണവര് പോക്കെ അപ്പൊ ഉള്ളതില്ലാണ്ടാക്കല നാട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളതിനകാണെന്തോ ദിയാഗത്തിന് കയറി യാത്ര എല്ലാം പോകുന്നു അപ്പൊ ധിയാഗത്തിന് ഉദ്ദേശിച്ചിട്ട് പോകുമ്പോ പറ്റോ കൊടുത്തു ഔറാദുൽ നിൽക്കാൻ ഒരു മനുഷ്യന്റെ ഔറാദ് എന്ന് പറഞ്ഞാൽ എന്താ മാധാന വന്ന ബഹു അരേ ഹി ശേഖ നിശ്ചയിച്ചു കൊടുക്കുന്ന വദീഫിയാക്കി ഇന്നമാര് ചെയ്യണം എന്ന് നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടല്ലോ ഒരു ഒരു അജണ്ട അതാണ് ഔറാദ് അല്ലെങ്കിൽ സേഹിന്റെ വന്ദബഹു അല നഫ്തി നഫ്സിന്റെ മോള് വധായി ഉണ്ടാക്കുന്ന നാടാ ആ നാളിന്ന വന്നാണ് ഇന്ന സമയം മുതൽ സമയം പറയും ഇന്നത് മാറി ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പണി ഉണ്ടാക്കാനാ ടൈം ടേബിൾ തൊപ്പിച്ച് പണി നീക്കിയ കുറെ സമയം പിന്നീട് വാക്യൊന്നുണ്ടാവും പരക്ക ചെല വാക്യൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ആകാശവാണി റേഡിയോ കാണുന്നില്ല എന്തെല്ലാ പരിപാടികളും എളുപ്പത്തിൽ പതിനൊന്നും മിനിട്ടാകുന്നില്ലല്ല ഇന്ന പാട്ട് പിന്നെ അതിനെപ്പോഴും ആശ പഠിച്ചിട്ട് ആകേക്ഷ കൊടുത്താലും കൂടെ ആ പാടില്ല ആ ടൈം കൊണ്ട് വിളിച്ചിട്ട് ആ രീതി സർജിവാക്കി ആക്കിയാക്കി ടൈമും അവസരം നോക്കിയിട്ട് അപ്പൊ യാത്ര പോകുന്ന അവസരത്തിൽ നാട്ടിലുണ്ടാവുമ്പോണ്ടാവുന്നത് എന്ന വ്യത്യാസം വരും ചില ഡാരി ഇരുപത്തിനാല് വരെയാണ് ഇരുപത്തിനാല് മണിക്കൂർക്കുള്ള ഡ്യൂട്ടി നല്ല ഉത്തരവാദിത്ത ഡാരിക്ക് വരെയാണ് നമുക്കിന്ന് ടൈമിംഗ് പോടിക്കരുത് കാത്തിരി പോലുള്ള സമയങ്ങളിൽ കാത്തിരിപ്പില്ല ബസ്സിന് കാത്തിരിക്കൽ ഹോജാക്കത്തിരിക്കൽ മണിയാളിയെ കാത്തിരിക്കൽ കാറോടെ കാത്തിരിക്കൽ കുജാപ്പണ്ണം കാത്തിരിക്കൽ അപ്പൊ കാത്തൊന്നും എനിക്ക് ഡെയിനി വരയില്ല കാത്തിരുന്നുള്ള കാത്തു നിൽക്കുന്നുണ്ട് കാത്ത് നിൽക്കാനുള്ള സ്ഥലം നിൽക്കാനുള്ള നിക്കാനൊക്കെ ടൈമിന് വേഗം കഴിച്ചുകൊണ്ടിരുന്നു ഇന്നലെ നമുക്ക് പത്ത് പേര് വായിക്കാൻ കഴിഞ്ഞു അയാൾ വന്നടനെ പോയെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ വെറുതെ വരുത്തിരിക്കും അവനി മണിയാണി വരുമ്പോഴും നമുക്ക് പത്ത് കിതാവ് നോക്കി നോക്കാണ്ട് കുളിക്കണമെന്ന് നിക്കാറില്ല കഴിയാ അവളെ കുപ്പാ തീസിൽ തിളിഞ്ഞ പിന്നെ കുളിക്കുക പത്ത് പേര് കിതാവ് നോക്കഴിഞ്ഞാൽ അവിടെ തവുമ്പമണിയാണി കൊണ്ടു മാറ്റി വരുന്നേയുള്ളൂ ഇതെല്ലാം ചാടി ചാടക്കാത്തിരുന്നെങ്കിൽ ഒന്നും ഇരുതാണ്ട് കൊല്ലായിട്ട് നഷ്ടപ്പെട്ടിരുന്നു വൽമുറാദ് ഇവിടെ സഫറിൽ വെച്ച് ഔറാദ് മുടക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് യാത്ര ഇല്ലാ ഹലറിൽ ചെയ്തു വന്ന കാലാ സഫറ മുടക്കരുത് എന്നാ പറഞ്ഞടക്കം വരിക മുറാദു അപ്പൊ സഫറ അപ്പൊ സഫർ പോകുകയാണെങ്കിൽ അരഹിൻ നേരത്തെ എപ്രകാരം ഉണ്ടായിരുന്നു അതേ രീതി തന്നെ ബാക്കിയാണോ ജിക്കോരി അലി ഇസ്സലാ തുലാൻ പറഞ്ഞിട്ടുണ്ട് അമിത് അമല ഇരുന്നായി അധികം അമിരിൽ ഇന്ന് അല്ലാത്ത ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും ഡായ്മയാക്കുന്നു മുടങ്ങാതെ ചെയ്യുന്ന കാര്യമാകുന്നു എത്ര കൊറച്ചായാലും നിൽക്കൊള്ളുന്നില്ല ഇണ്ടല്ല എപ്പോ അധികം ചെയ്തോണ്ട് കഴിയില്ല ഗുരുല്ലേപ്പ നല്ല റാസാണ് ബസ്സിൽ ഇരിക്കലോ പോകുന്നില്ല ഓരോന്ന് എന്തെങ്കിലും ഭക്ഷണം കേൾക്കാൻ നമ്മൾ ഉണ്ടാകുന്ന ആരോന്നെങ്കിൽ പിന്നെ അത് ആലിക്ക ആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൽ ഇസ്റ്റിത്താത്ത തങ്ങളെ പറഞ്ഞ കണക്ക് വണ്ട് മതി വല്ല അങ്ങനെ വെക്കയാ ഞാൻ ഫസ്തഫു മഹല്ലു തഅബി വന കബി തഫുർന വന തിറസിൻ ദൈം തമത്തിൽ ഒരു മഹല്ലാണല്ലോ അതുകൊണ്ട് കേഞ്ഞ പരമാവധി ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇക്കല്ല വരോടിയായാ ഞാൻ തഖബുശ്ശുഅലൈഹി മാനായുശ്ശുഅലൈഹി ബിഹാദി ഹമലീ ഹമലന്ന ഹാലത്തിൽ മസക്ക തബാത് ജിര ഗാര്യങ്ങൽ തഫറിൽ ഇബാഗു മതത്തായിട്ട് വന്നേക്കാവല്ലോ ഹം ഏതോടൊപ്പം സഫർ കാരണത്താൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വർദ്ധമായിരിക്കും എന്നാലിങ്ങനെ ഡ്യൂട്ടി വെച്ചാൽ മന്ത്രിച്ചാറുണ്ട് സഫറോ മറവോ കാരണത്താലി ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യാൻ സാധിച്ചില്ല എന്നാലും ആ ടൈമിൽ കൂലി എത്തിക്കൊണ്ടിരിക്കും ഏറ്റവും അല്ല അച്ഛനും അത് കിട്ടുമല്ലോ അത് രോഗി ആപോലെ ചെയ്യാം ആ പോലെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞോ മറം മാറുകയില്ലല്ലോ വീടുന്നുണ്ടെങ്കിൽ ഇടേ ക്ഷീണമായിട്ടൊന്നും ചെയ്യാൻ കിട്ടില്ല നൂറോ ചെല്ലണ്ടത് പത്തെണ്ണം ചെല്ലാൻ കഴിഞ്ഞോ പത്ത് ചെല്ലി തൊണ്ണൂറ് ലക്ഷം ആണുങ്ങോയി എന്നാലും ഇവന്റെ ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നത് ഹരീയത്തിലുണ്ട് ഇതാ അനുഗൽ നിൽസാനു അവസാഹറ ഒരു മനുഷ്യൻ രോഗിയാവുകയോ സഫോകുകയോ ചെയ്താൽ ഗുജരിയാലി മാക്കാനാമനു മുഖീമൻ കലേഹൻ അവന്റെ മേലിൽ ഗുരിയാഴ്ച നടത്തപ്പെടും എന്തിനെ മാക്കാനാമനു അവൻ ചെയ്യുന്നൊരു കാര്യം മുഖീമൻ അവിടുത്തേക്ക് നോക്കിട്ട് ഔസാഫറിലേക്ക് നോക്കിയിട്ട് സഹീഹൻ അടുത്തേക്ക് നോക്കിയിട്ട് രോഗിയാന്നയിലേക്ക് നോക്കിട്ട് നാട്ടിൽ തന്നെ അവസിക്കുന്നവനോ ആരോഗ്യവാനോ ആകുന്ന കാലത്ത് കൊടുക്കപ്പെടുന്ന എല്ലാം യോജനത്തിന് കൊടുക്കും അവക്കെ മാത്രം അലഹിസ്ലാം പറഞ്ഞു ഇതിനെങ്കിലും ആര് സിക്രത്തു വന്ന പുറത്തു ഫിഖിറത്ത് നെതിർത്തുണ്ടല്ലോ സിക്രത്തിനാക്കാണെങ്കിൽ വെന്താൻ നെമുറത്ത് ദിക്കിറാണ് ലിസാനിനി അതിനെ തൃത്തി വാക്കുമ്പോ ലിഖിർ ഫിഖിർ നെസുറത്ത് ലിക്കുറെ ലിസാൻ ഷിക്കുറോ അൽബിൻ നെസുറത്തോ റോഹിൻ ഇനി പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഈ നാവിനും തടിക്കുവാണല്ലോ ക്ഷീണം മനസ്സിന് പൊട്ടിക്കോണമെന്താണ് അപ്പോൾ നെതുറത്ത് സിക്കിറത്ത് മുതലായ ഉണ്ടെങ്കിൽ ഇൻഖാനം ഈ നഹരിഹാർ അതിൻ്റെ നഹരികാരിപ്പെട്ടൊരുത്തരാണെങ്കിൽ ലാത്തും അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്തിനിൽ തോന്നുന്നു തടയ്ക്ക് ക്ഷീണം പറ്റിയതോറും മകണമില്ലല്ലോ അങ്ങനെയാണെന്നോട്ടെ അവരുടെ മനസ്സുണ്ടാക്കട്ടും കഥായിക്കൽ മുതാക്കറത്തും മുതാക്കറയും ഒഴിവാക്കേണ്ടയില്ല ഇന്നും ഒർമ്മിച്ചുകൊടുക്കലു ഇരുമിന്റെ മുതലായവം ഉണ്ടല്ലേ വക്കൈഫ് എത്തുറുപ്പ് ഔറാദവും ബിൽക്കുല്ലി എത്തി ഇത് രണ്ടാമത്തേനാണ് ബലിന്റെ രണ്ടാമത്തെ ചിക്ക് കൈഫി പറയുന്നു വക്കൈഫ് എത്തുറുപ്പ് ഔറാദും എലിമിന് എലിമിനാണല്ലോ കൂടുതലുള്ളത് ഔറാദിന അതെ ഈ ഔറാദിനെപ്പിക്കലോ ഔറാദായും അറിഞ്ഞാൽ മതിയല്ലോ ഔറാദിനെതിരെന്നല്ല ഇവൻ സ്വയം ഉണ്ടാക്കി ഓണീഫ് വെച്ചു അല്ലെങ്കിൽ ചെയ്ത് ഓണീഫ് വെച്ചു എന്നല്ലേ ഇവനിക്ക് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല താരീമെനിക്ക് കഴിവുള്ള നല്ലൊരു പണ്ഡിതനാണെങ്കിൽ നീ ചെല്ലനും വളക്കിലാണ് പെട്ടെന്ന് നീ കുറച്ചാള് പഠിച്ചു കൂട്ടി തീർച്ചകളിൽ പറഞ്ഞാൽ വള്ളായ്പ്പ് വെച്ചെന്നൊക്കെ ചെയ്ത് എന്നാ താലീമും അവർ അതിന് രണ്ടു ഇല്ലേ വള്ളായ്പോ ഉണ്ടല്ലോ ഉണ്ടെങ്കിലോ അവരുണ്ടല്ലോ എൽമഠിക്കുന്ന എല്മ് പറഞ്ഞു കൊടുക്കലാണോ അവന്റെ വള്ളായ്പ് പഠിക്കുന്ന ആൾക്കാണെങ്കിൽ അടായ വള്ളായ്പ് നമ്മുടെ നിജേഖന്മാരെ പറഞ്ഞത് ഈ പറയപ്പെട്ടെല്ലാം വെറുതെ പറഞ്ഞ് കിട്ടാ കൊണ്ട് നോക്കിയാണ് ഒരറ്റ അവഗോധം തന്നെ ഉണ്ടെന്ന് ഗവൺമെന്റ് വന്നപ്പോ ജയിലിക്കും അതിഹിക്കുന്നു ഇത് കൊണ്ട് ചൂലാകലാ ഇതിന്മോണ്ട് ചൂലാകലാണെങ്കിൽ പണ്ട അങ്ങനെ പണ്ടില്ലേ പിന്നെ ആ തെരക്കത്തിന്റെ ഉസൂർ നോക്കണോ തേക്ക് പ്രത്യേകം ഒന്നും പണ്ടില്ല എന്നാ പോസൂലിന്റെ അങ്ങനെയാണോ ചതി തെരക്കത്ത് എങ്ങനെയാണോ ഇത് സ്വന്തം നപ്തനെക്കാളും എന്നുള്ള മറിയുന്നില്ല നടക്കുന്നു അല്ലെങ്കിൽ ബേറെ ആ ഇസ്ലാമിലേക്ക് കളിക്കാൻ നടക്കുന്നു അവറോധൊന്നും വേണ്ട ബാറിന് പട്ടണം കേന്ദ്ര എഴുതിക്കോ ബാക്കി പണ്ടത്തെക്കാന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു നാഫിയൽമെ ഇവിടെയുള്ളൂ മന്ത്രിക്ക് ഇല്ലെന്നതിൽ മന്തിക്ക് പെടും ഹസീദന്റെ കിട്ടാതെ സമഗ്രമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നു അത് മന്ത്രിക്കുണ്ടെങ്കിലേ ഈ കളിയമുട്ടല് തിരിയാവുന്നുള്ളൂ എന്ന് കണ്ടാൽ അക്രമായ വസീദ എന്ന നിലയ്ക്ക് നാഫിയൽമെ ഈ മെമ്പർഷിപ്പ് കിട്ടൂ കൂടൂല അക്രമമായ വ്യവസ്ഥിപ്പോ നെഹ്മേ ഇടുന്നുള്ളു ശരിക്ക മന്ത്രിക്ക് തന്നെ നെഹമിന്റെ അത്ര അക്രമല്ലല്ലോ അത് സേഫാകുന്ന നിർബന്ധമാക്കുമ്പം തന്നെ ഇതിന്റെ ഡ്യൂട്ടി എന്തെല്ലാന്ന് പണി എന്തെല്ലാം ചോദിച്ചിട്ടില്ല അക്കൂള്ള പണി സേഫ് നിർബന്ധമാക്കലി അവ സേഫ് അന്തടപാടില്ലല്ലോ നീക്കെന്തെല്ലാം ദിവസത്തെ തമ്മിൽ ഇഞ്ഞ് വിട്ടും ഡ്യൂട്ടി എനിക്ക് ഡോക്ടറാണ് ഡോക്ടറാണെന്ന അവസരത്തിൽ എത്ര പേഷ്യന്റ് വരും ഒരു നൂറാള് സ്പെഷ്യലിസ്റ്റു വന്നു അപ്പൊ ഇവർക്ക് രോഗസംരക്ഷിക്കൽ ശുശ്രൂഷ എന്നുള്ളത് അനിവാര്യമായി മാറി പുറത്ത് ആണ് അങ്ങനെ വരുമ്പോൾ അതും കേസിറ്റ് ബാക്കി തമ്മിൽ നിശ്ചയിക്കാൻ പാടുള്ളു ചെയ്ത് എല്ലാവർക്കും ഇണ്ടാ ഇന്ത് എന്തല്ല യറത്തിന്റെണ്ട്ക്റത്ത് ഇന്ത്യ ബാഗുണ്ട് ഇന്ത്യ ഭാഗി യക്കറത്ത് വിസ്വാൻ മൂന്ന് പേരെ അവരോധവർത്തിനുണ്ടല്ലോ ഇന്ത്യ വായിച്ചു കണക്കില്ല ആർക്കും വയ്യാത്ത കൊടുക്കാം തമീസെ കൊണ്ടു അതാ ഇന്ത്യബാഹു എത്ര അറിവ് ചെയ്യിച്ചുകൊടുക്കാം ഇപ്പൊന്നെ ചമ്മാസിനെ വേണമെങ്കിൽ എന്താക്കാം ഇന്ത്യബാഹിനെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം കുറ്റപ്പെടുത്തുന്ന ആൾ അയാൾ കണ്ടാക്കലാണ് രീതി കൊടുക്കുന്നു ഏത് ചാത്തനും ബോത്തനും നാടനും പിള്ളേർക്കും തിരികെത്തു കൊടുക്കുന്നു തെരീകത്തിനെ പറ്റി അറിയാണ്ടെന്ന് ഞങ്ങൾ നടക്കുന്നു ബെറും തമീസിന്റെ വയസ്സ് മാത്രമുള്ള കുട്ടികൾക്ക് എന്താക്ക ഇന്ത്യ ബാഹിന്റെ വയ്യാറ്റങ്ങൾ വെയ്യത്തിണ്ട് ഹിന്ദിഭാവം എന്നാലോ ഓനെ ടിക്കൂറുകളും ഔറാദുകളിങ്ങനെ പഠിപ്പിച്ചിട്ട് നല്ലിങ്ങി ചീരിപ്പിക്കാനുള്ളത് അതോടൊപ്പത്തിന് വേണ്ടിക്ക് മോനെല്ലിയാട്ടെല്ലേ ഇങ്ങനെ ഹിന്ദി ഭാവ് അതിന് എണ്ണമോ ചുരുങ്ങിയ മൂന്നെണ്ണാലും മതി മ്മൂന്നോട്ടം അയന്താ തെളിവ് പറയുന്നത് മുഹമ്മദ് ബിൻ സബ്വാഹീൻ പറഞ്ഞിട്ടുണ്ട് അവർന്നും അതാണ്ടാന്ന് ഇപ്പം നിമസിക്കാൻ നടക്കുന്ന ആള് അയാൾ കെട്ടെടുക്കുന്ന ആകെ ദരീക്കത്ത് കൊടുക്കണം ഏ തൊഴിപ്പണിക്കുവാനെത്തു കൊടുക്കണു ദീകത്ത് കൊടുക്കാൻ ഞമ്മൾ പോയിട്ട് ആക്കല വെലുവരി ആക്കപ്പെട്ടു അങ്ങനെന്താ അപ്പോ മുഹമ്മദ് സവർ ഭാര്യാക്രണീച്ച് താഴെക്കിരിക്കുമ്പോൾ തെരുമിനെ അഭിയല്ലാതെ തമീസിന്റെ പ്രകാരത്തിലൊരു ധരിക കുട്ടിയന്ന് കാനോർ ഒക്കെ ഓർന്ന ഓറെണിക്കും മുമ്പോണീക്കും ഇതിങ്ങനെ നോക്കി ഇരിക്കലി ബാ മോനെ ഈ സമയത്ത് എന്താക്കുക എന്താ ഇക്ക ഞാൻ കരുതേണ്ടത് ഞാൻ പഠിപ്പിച്ചു അമ്മാ മുരി നീ ചിന്തിക്കോ മൂന്ന് വട്ടം അപ്പോ തമീസിന്റെ ബ്രാച്ചിലുള്ള കുട്ടി മൂന്നു വട്ടം ചെല്ലാൻ എന്താ മൂക്ക കുറേ ദാ സമയത്ത് മൂന്നോ വട്ടവും ഇക്കിരിക്കും ഇവ നമ്മളെ മൂന്നോ വട്ടം ചെല്ലുകയും ചെയ്യും കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് നമുക്ക് ഏണ് കൂട്ടിക്കളയാല ഏഴായിക്കോട്ടെ ഏഴാക്കി കൊറേ ദിവസം കഴിഞ്ഞാൽ പതിനൊന്നായിക്കോട്ടെ പിന്നെ മുപ്പത്തിമൂന്നായിക്കോട്ടെ തന്നെ ആക്കി ആക്കി ആക്കിയാക്കി വെയിപ്പുറയിന്ന് മൂമ്പറും മാലാ ജീവതെല്ലാം കുരുവാഴക്ക് പിന്നെ തണുക്കില്ല ചെല്ലല്ലി ഈ ഇതേ ഹാൻ കൊണ്ടുപോപ്പറ മുത്തായി ഇപ്പൊ എങ്ങനെ ഉണ്ടോ അപ്പം ചോദിച്ചു അല്ലാതും എന്റെ കൂടെ ഹാദലുള്ളവനും എന്റെ പ്രവർത്തനങ്ങളൊക്കെ ശാഹിദാവുകയും എന്റെ കൂടെ നടക്കുകയും ചെയ്തെന്ന് ബോധ്യപ്പെടുന്നൊരു കല്ലിന് ഒരു വസരത്തിനും പത്രത്തിനും ദോഷം ചെയ്യാനും അവിടെ സമയം കിട്ടുമോ നമുക്ക് തിരിച്ചുവെച്ചതാണ് ആ ഇപ്പൊ എനിക്ക് എന്നെ കമാലത്തിയിരിക്കുന്നു അപ്പൊ ഹിന്ദിബാവിന്റെ വയക്കുന്ന ഏതാ ഏത് പ്രായക്കാർക്കും ഏത് തരക്കാർക്കും ഇതിലേക്കൊരു കരകയറ്റീരയില്ലാതെ കൈറാണത് യക്കളത്താണ് രണ്ടാമത്തെന്താണ് അതിനാണ് ഇത്തരണ്ണം ഇത്തരം എണ്ണം ഓരോ സൗഹൃദം പോലെ എണ്ണം വെച്ചുകൊടുക്കുക കൂടുതൽ കഴിഞ്ഞ സമയം കിട്ടുമ്പോൾ പുതുകൂടെ ഇവാക്കാൻ വേണ്ടി ഉണ്ടാക്കും ആയിരം ഇത്തരം ജനിക്കുന്നവര് ഹിന്ദിബാട്ട് വിസാലിൻ്റെ വിസാലിന് ശേഖൻ എണ്ണമീർത്തിയാറില്ല എത്രയും ആവാ എത്ര സമയം അതിൽ മുത്തകരിക്കല്ല അതിന്റെ ആഹസം അത് എണ്ണാ നല്ല തീരുമാനിച്ചു നോക്കില്ല അവിടെ രണ്ടാളും പൊട്ടു ശേഖന്റെ അദ്ദേഹം പൊട്ടു മുരീതിന്റെ വായ്പം പൊട്ടു ശേഖന്റെ അർഹതണ്ടാവും ആ അവിടെ ശേഷം തോന്നിയെടുക്കും പരിവാഹിച്ചല്ലാണ്ട് ഇത്രയാണ് എനിക്ക് ഇൽമുണ്ട് ചൂരണ്ടാവുന്ന പത്തിയം ലോകത്തിന് അതാണ്ടിര ജോലി തിരക്കുണ്ട് നിനക്ക് എത്ര മണിക്കൂറിന് എനിക്ക് ആറ് മണിക്കൂർ 6 പണിക്ക് പോകണം അപ്പൊ ചെല്ലും അവിടെ പോല അറുമണിക്കൂറും കഴിച്ചിട്ട് ബാക്കിയാക്കു അല്ലേ ഒസൂലി ഒസൂലി നമ്മുടെ ഒസൂലി പറയുമല്ലോ ഇവിടെ ഇരുമിന്റെ മുൻഗണന കൊടുക്കുന്ന ആളുണ്ടാവും ഹനിമത്തിന്റെ മുൻഗണന കൊടുക്കുന്ന ആളുണ്ടാവും ഇപ്പൊ ഭട്ടണം പാകം ചെയ്യുന്ന ആളുണ്ടാവും രാത്രി ഇരിക്കാൻ അവർക്ക് പറ്റൂല കോഴക്കാട ചോറ് കളമ്പലി ചോറ് കേക്കറ്റേക്കലി ചട്ടത്തൊന്നും ഞമ്മളെപ്പോഴത്തെ ചോറ് ഓക്കാനും കഴിയില്ല എന്നാ നിക്കിന്റെ നീയെ തോറ് ചെയ്തുകൊണ്ടാടുന്നു ഇവർ ഇരുമു തരത്തിലും മരിയാക്കി കിട്ടുന്ന കൂലി ഓർത്തൂറ്റി ഞമ്മളിപ്പിയിലെന്നുണ്ടാവും മറ്റോർ ചോറ് വളം ഒന്നും ഉണ്ടാവും ഞമ്മക്കോളം ആക്കി ചോദിച്ചു അതുപോലെ അവിടെ പോയിച്ചാ ആ ചോറ് വെറിയും മാറും എപ്പാ അങ്ങറിച്ച നിക്കൽ ഞാൻ പറയാൻ ില്ല എല്ലാ എത്തിപ്പാക്കലിലേക്ക് എഴുതിയതിനു ശേഷം വേറെ ഒക്കെ പുറിയാത്തിൽ ഉണ്ടാവല്ലോ മദരം കൊടുക്കുന്നുണ്ട് ഇപ്പം എടുക്ക ഷാഫി കെക്കു അനഫിക്കും നാല് കെക്കെടുത്താലും അന്നാർ അന്നെ വഴിപെടരെ അന്ന വിരോധിച്ച കാര്യം ഒഴിവാക്കുന്നില്ല ആകെ ഉത്തൂലുണ്ടാവില്ലേ ആ ഉത്തൂലെ ഹക്കാൻ കുട്ടിയെടുക്കുന്നത് ലീഗിൽ വിത്യാസില്ലേ അവിടെ നാല് അനഫ്റെ സൌണി തന്നെ ഈ പറഞ്ഞല്ലോ ജമ്മു ജോണി അതൊക്കെ ചെയ്ത് തീരുമാനിക്കുന്നു ഇന്ത്യ ഭാവി തമ്മീസുള്ള വിളരയെ കൊണ്ടു അച്ഛർ ഉച്ചരിക്കാൻ പഠിച്ചാൽ മതി വിസാലാവുന്ന അവസരത്തിൽ പിന്നെ കല്പിനാ കല ഹർത്താരി അടുത്ത് വെക്കണ്ടും തടുക്കാനും കഴിയില്ലല്ല ഔട്ടോമാറ്റിക്കലി വന്നോളാം ലാതാ ലിക്കോഫിയൊക്കെ കല്ലപ്പത്തി ശ്വാസം കൈക്കണ്ടൊക്കെ കഴിയുമോ ആ എന്നു പറഞ്ഞ പോലെ കഴിയില്ലെന്നോ അതെ ബയ്യത്തിന്റെ പല രീതിയാണ് അത് നോക്കുമ്പോ അതിന്റെ ഡ്യൂട്ടിയും അല്ല ഇത് കൂടുതലായാലകപ്പാടാ തലമുറയും നോക്കണം അന്നേരം കൊറക്കണം അതുപോലെ തന്നെ നിക്കലിന്റെ പോയി സിഫത്ത് കൂട്ടണോ വേണ്ടിയോ സിഫത്ത് കൊണ്ട് ചെയ്യണോ വേണ്ടിയോ നോക്കണം ഇതൊന്നും ഇപ്പോൾ ചില അജല് വരുമല്ലോ ഇതുവന്നിന്റെ ഇപ്പൊ അഞ്ചാം നമ്പറിലല്ലേ രീതി അപ്പൊ ചില രീതി കണ്ടോള് അതൊലേ കൺട്രോളാക്കണം അപ്പൊ സിബത്തിൽ കൂടി കൺട്രോൾ ചെയ്യും അപ്പൊ അത് നിക്കുകയാണെങ്കിൽ അവിടെ സിബത്ത് കൂട്ടും റഹ്മാൻ അപ്പൊ റഹ്മത്ത് എന്ന മാതിൽ കൂടി മേടിച്ചിരുന്നുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ആ സിക്കത്ത് നല്ലത് നെനിറത്തായിരിക്കും സുഹൃതി ഉണ്ടല്ല പത്മീന നോട്ടല്ല ഫിക്രത്തിൽ കൂടി ഇങ്ങനെ കൽപ്പിന്റെ പോക്കാന്ന് ഫിക്രത്തിലുണ്ടാകും അങ്ങനെ കിട്ടുന്ന ബുദ്ധിമുട്ടത്തിൽ സാധനം തന്നെയാണ് എന്റെ പണി അങ്ങനെ ആള് ഒരു രാജാവ് വന്നിട്ടുണ്ട് രാജാവ് വന്നിട്ടുണ്ടോ രാജാവിനെ കാണാൻ പാടീ ജീവൻ ആക്കി ഉപ്പായ ഒരുങ്ങീച്ച് ഞാൻ മറ്റേ പോക്കന്ന് ഇത് ഫിക്രത്തിലുണ്ടി പിന്നെ അവസരത്തിന് രാജാവിനെടുക്കാൻ പോയി ഞാ ഞാൻ അങ്ങനെ ശരി അതാ നന്ദിണ്ടാവില്ല അങ്ങനെ ഇത്തരത്തിലേക്ക് നമ്മൾ പല രാജാകർ എല്ലാവരും കുട്ടികൾക്ക് വാങ്ങുമ്പോ അതിന് ഇത്തരത്തിൽ നമുക്ക് അന്തിമ എത്താൻ കഴിയില്ലല്ലോ അതിനകത്ത് കയ്യിലല്ല അന്തിമ ഇല്ലല്ലോ അപ്പുറത്തേക്ക് കാരണം അവിടുന്ന് അങ്ങോട്ട് പോകാം ആദ്യം ആക്കാർന്ന് കടന്നുപോട്ടെ ആത്താറിന്ന് കടന്നു പോയി അപ്പാലിലേക്ക് കിടക്കും അപ്പാലിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അസമായിലേക്ക് അസ്മിന് സിഫാത്തിലേക്ക് കടക്കും സിഫാത്തിന് ദാത്തിലേക്ക് കടക്കും ദാത്തിലേക്കാണെങ്കിൽ ദാത്തിനുണ്ട് അറ്റോ ഇത് സിഫാത്തിനറ്റമില്ല ഒറ്റസിഫത്ത് എടുക്കും ഒരറ്റസിഫത്ത് അന്നാലസിഫത്താട് നിൽക്കട്ടെ ഒരൊറ്റസിഫത്ത് ബഷറിന് സാധാരണ ബഷറുകൾക്ക് അമ്പാർ കൊടുക്കുന്ന ഒരൊറ്റസിഫത്തെടുത്ത കാര്യം മഹരൻ ഇൽമി അസാർ ഇമാ റമിയൊന്നാണ് അമ്പാറത്തെ വിചാരമാതം ആലോചിച്ചിട്ടും അതിൽ ബഷറിനോടുത്ത് ഇൽമാ അതിലേക്ക് ചേർത്ത് നബിക്കൂർ തിരുമിലേക്ക് ചേർത്തി വയ്ക്കാട്ടെ ഇതെല്ലാം അവിടെ ടോട്ടൽ അള്ള ഇരുമിലേക്ക് ചേർത്ത് വെക്കാട്ടെ ഇത് ഉണ്ടാകിന് കരം കിട്ടൂലല്ലോ അതിന്റെ സ്വഭാവം തന്നെയല്ലോ കിട്ടാന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ശീലം മതിയാക്കണം തെർത്തീമോ തെർത്തീപ് അതിൽ തന്നെ ഞാൻ പറഞ്ഞിർത്തീപ് ആ സാറ് ആ സാറ് അസമാഅ പോകും ഏത് തെർത്തീമ് മാറ്റലുണ്ട് എങ്ങനെയാണെന്ന് വെറിച്ചാല് നിസ്കാത്ത തെർത്തീപ് തന്നെ പറയണ്ടേ നിങ്ങൾ തോന്നുന്നു നിക്കിരിക്ക സ്വന്തം ഇച്ചിരി കളിച്ചാലേ ഹീ പറഞ്ഞേട്ടാ പറഞ്ഞ അറിയുന്ന പട ആ സെയ്യത്തിന് എന്താണ്ടാ നിങ്ങൾ ഇമാമിനെ തുടരുന്നു ഇമാമ തയ്യാത്തൂരണ്ട് നിങ്ങൾ പറഞ്ഞേട്ട് നേരെ അയ്യത്തിലേക്കാവുന്നു ഇതേ മാളി ഷെയ്ഖന്താക്കിന്നറിയാ സെയ്ഹന്റെ ഹിമത്തോടെ നിങ്ങളെ പനാക്കി കളഞ്ഞു അവതര ശെയ്ഖണ് നിങ്ങൾ നേരെ ആത്തിയിലേക്കാണ് കേറ്റു പച്ച കേറ്റി ഇയാൾക്കൊന്നും വാത്തിണ്ടാവൂല ആ ചിലപ്പോൾ അസ്മാവിന്റെ ചുഹൂതിലേക്ക് ശേഷം ഉണ്ടെങ്കിൽ മരിച്ച പോലെ പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ഒറ്റ കേറ്റം കണ്ടു കേട്ടു ഞാൻ തസീബ് ഉണ്ടാവൂല ആരി തസീബം പറയുന്നു അപ്പൊ എഫ്ന തൊമ്മ യഫന തൊമ യഫന എന്ന് പറഞ്ഞ കേരളം ഈ തസീബെല്ലാം ആരി ഇപ്പൊരു ഫിലാനുണ്ട് ഞാനിപ്പോ അസ്മാവിന്റെ ചുഹൂതിരാണ് ഉള്ളത് നിങ്ങളെന്താക്കി എന്റെ എനിക്ക് ഹിമത് കൊണ്ട് എന്റെ ഹിമത്തിന്റെ ശരിക്കുള്ള കാബിലിത്തം നിങ്ങൾക്കും ഉണ്ട് പറഞ്ഞാ പോലെ ഭയപ്പെടുന്നതാണ് നിങ്ങൾ ഒരൊറ്റ വെല്ലുവിളിക്കാമിലേക്ക് നിങ്ങളെ കൊണ്ടാണ്ട് ആദ്യം തന്നെ ഉടങ്ങുന്നിരിക്കും എന്തെങ്കിലും ബാധ്യത ഉണ്ടാവൂല അപ്പൊ കുറച്ച് ദൈയർ കൂടും തയ്യർ കൂടുമ്പോ നമ്മുടെ സമാധാനപ്പിച്ചുകൊണ്ട് ചെയ്ത് ആ ആയിക്കോട്ടെ വേദന കണ്ട അല്ലെളുപ്പവും പടിപൊടി പോയപ്പോ തയ്യർ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താക്കണോ ചൈലിങ്ങോട്ട് ഇറങ്ങി വരണം നിങ്ങൾക്കൊപ്പിച്ചിട്ട് നേരത്തെ പരിപാടി മാറ്റിട്ട് ഇടത്തേക്ക് ചെയ്യാം നിങ്ങൾ ടോപ്പ് കല് വണ്ടി പോയിക്കോണ്ടിരിക്കും ഒരാളെ ഫസ്റ്റിന് കൈകാട്ടി നിങ്ങൾ കീറങ്ങോട്ട് ഇറക്കും ഫസ്റ്റിലേക്ക് ഇറക്കും എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടോപ്പ് എന്നിട്ട് പിന്നി തുടരു തന്നെ ഒരാളെ കൈ കാട്ടുമ്പോൾ പിന്നെയും കീക്കണ്ട ഫസ്റ്റിലേക്ക് ഇതേമാറി ശേഷം ചുഹൂദായിട്ട് ടോപ്പിലായിട്ടുള്ളത് ടോപ്പിലായിക്കൊണ്ടിരിക്കും ഇതുവഴി ആട്ടാറും കഴിഞ്ഞ് അത്താരും കഴിഞ്ഞ് അത്തുമാൻ കഴിഞ്ഞ സിഫ് ടോപ്പിലാ ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞാൽ ടോപ്പിലിരിക്കുന്നു വന്ന ഒരു മുരിയിൽ വന്നു കൈ കാട്ടില്ല കൈകാട്ടി കഴിഞ്ഞാൽ ഓണിക്ക് ടോപ്പിൽ നിന്ന് പോവാില്ല ഓനെ പിടിച്ചെന്തൊക്കെ ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് ഇറങ്ങുക തലക്കുന്ന് തന്നെ എങ്ങനെ തിരിച്ചു വരിക തിരിച്ചറിയാൻ വന്നിച്ച് പോവാ നിങ്ങളെ ധർമ്മിയാക്കി അയാളുടെ വലിയ കമാലിയല്ലേ കിട്ടുന്നു അതെന്താ നിങ്ങളെ ധർമ്മിയാക്കി കൊണ്ടുവരിക അതിനകത്ത് വലിയ കിട്ടിയില്ലേ കുറവ് അതല്ലേ നിമിത്തമൊന്നു ദിവസം നമ്മൾ ഒഴിവാക്കി വിട്ടാൽ അന്നാന്റെ കമാലി ചോഹത്തിലേക്ക് കടക്കും ഉമ്മത്തിനോട് എന്താക്കിയും നരക്കെട്ടിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിനാണ് തങ്ങൾ ദമ്പായി കണക്കാക്കി സ്ഥാനക്കുറവ് നടക്കി എന്ന് പറയും പക്ഷെ ചെറിയ കൂട്ടിയത് ആ നേരെ ടോമിലെ കുറിച്ച് കയറ്റി വരും കേട്ടി കഴിയുമ്പോ മുഹീലേക്ക് അയ്യറങ്ങൾ കൂടുവോ കണ് ഉൾക്കൊണ്ടെങ്കിലല്ലേ എളുപ്പം ഇപ്പം ഇന്ന് തന്നെയാണ് അനിശാല ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇനി പറയില്ല അല്ലെ ഹിമാ മത്ത എന്ത് പറഞ്ഞ പറഞ്ഞല്ലോ തകബീരൊഴി വായി പാർട്ടി ഒഴിവാ ചില പറഞ്ഞ മത്താമലിന് ഒഴിവാക്കി കിട്ടു ചില മക്കമുക്കിന്റെ പാർട്ടിയാ ഒഴിവാക്കപ്പെട്ടതുപോലെ ചിലപ്പോ ആധാരം ഒഴിവാക്കപ്പെടൂ സർക്കാർ തന്നെ കിട്ടു ചെക്കിനെ നമ്മുടെ തസൂപ്പിന്റെ തെളിവ് വളർന്നില്ല ശരിക്കും ചെക്ക് മാസ തലമുറച്ച് വക്കെയോ തീർച്ച കൊണ്ടാന്ന് വെച്ചില്ലേ ആപ്പാ ല പിന്നെ അപ്പാന്റെ ഒരു അബ്ബാവ് അല്ല സിറ്റിച്ച് എങ്ങനെ കിട്ടലി അത് അല്ലാതെ അതെന്തെങ്കിലും തലയെക്കൂട്ടി മുണ്ടാകാനാണെങ്കിൽ വെച്ചോണ്ടല്ലേ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാന് ഒരാഴ്ച ഒരു നിയമപിടത്തിൽ പോയിട്ട് ഇവിടെ വരുമ്പോക്കുണ്ട് നല്ലൊരു ടേബിൾ ആക്കി വെച്ചിട്ട് കളഞ്ഞു അല്ലേ ഈ ടേബിൾ ആസാറാണ് എന്തിന്റെ എന്തിന്റെ ആസാറാണ് കൊറേ പണികളെ ഏത് പണി കൊല്ലന്റെ പണിയാണോ മറ്റേ ചട്ടാന്റെ പണിയാണോ ആചാർ അപ്പൊ ആചാരി എന്ന് മക്സൂസായ പണിയെ ആസാറ കണ്ടത് അല്ലേ ആചാരി നമുക്ക് വെക്കാം അത് റദ്ദാക്കി നമുക്കൊന്നും ഇല്ലാത്തൊരു പഠിപ്പും ജോലിയും മുട്ടിയല്ലടത്തിനും മെഷൊ പണിയെടുക്കാനുള്ള ആ പ്രത്യേക സിബോത്താൻ ആചാര്യത്തിൽ സിബത്താൻ അത് നമുക്കില്ലാത്തോണ്ട് നമുക്ക് പണിയെടുക്കാത്ത അപ്പൊ നോക്കുമ്പോ കുഞ്ഞാടെ കാത്തി ലേക്ക് എത്തി അപ്പൊ അപ്പൊ ശ്രദ്ധ നോക്കുക അടക്കസ്മാവ് ഉണ്ടാവും ഇത് ഈ മേശ ആരാണ്ടാക്കിന് ആരാ പണിയെടുത്തേ ആ മേശ ആരാപണി ആചാരി അസ്മാതാദിത്തിൽ വേണ്ടിയിട്ടാണ് ഇവ സഫർ ചെയ്തത് അല്ലെ അത് പിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബാത്തിന് ഞാൻ തിയാത്താൻ സിക്രത്തും നമുറത്തും അത് ഒഴിവാക്കാൻ കണം എന്നല്ലേ പറഞ്ഞത് അല്ല അതിലാണെങ്കിൽ പറയും അലയിക്കമില്ല ബത്തിന്റെ നേരത്തെ കബത്ത് ബത്ത് എന്നുള്ള രണ്ട് ഹാലല്ലേ മെൻഷൻമാർക്ക് വരിക ബത്തിന്റെ ഹാലത്തിൽ എന്താക്കണം ഇക്കുറി നീ മൃഗപ്പിടിച്ചോടണം കബദിന്റെ നേരത്തെ ദിക്കൂർ മൃഗപ്പിടിച്ചാൽ ഉണ്ടാവൂല മൂട്ടില്ല അങ്ങനെ ആവോ ഞാൻ ചെല്ലാം രണ്ടും കപ്പിയിട്ടുണ്ടാവും ഒന്നു ഒരു മെഷം കിട്ടാതെ കണ്ട് പ്രസി ഒന്ന് ചെല്ലിയാവൂല വിക്കൊണ്ട് നീ ചുവരാകണം ഇന്ത്യ കബ നേരത്ത് അന്നേരം നാമം വായില്ല മോലാത്തന്നു അന്നേരം സിക്കുകൊണ്ട് ചുവലായിട്ടോ അല്ല അവസരോചിതമായി കൊടുത്തു വൻ ഹണ്ട് കൊണ്ട് ചുവരാകണം അലാപുല്ലിഹാലിൻ അത് കമലിലാവട്ടെ മക്കിലാവട്ടെ എന്തില്ല ഹണ്ടിന് കുഴപ്പമില്ല അല്ല ഹൺ ഇല്ല അലാ പുല്ലിഹാലല്ലേ വന്നത് ഒഴിവാക്കണ്ട വൈൻ പാത്തക ബില്ലേരി രാത്രിയുള്ള നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇഷ്ട ഇഷ്ടതിരിക്കൂന്നല്ലേ ഫിതാബല്ലേ പാത്തക്കാന്നൊക്കെ ഫിതാബം ഇഷ്ടതിരിക്കുഹു ബില്ല പകൽ അത് കൊണ്ടെടുത്തോ വൈൻ സ്ഥാപർത്താം സഫർ പോയാലു പിരി മുഴുവനും ദിക്കുന്ന ആയിക്കോളട്ടെ പിന്നെ അവി തൃക്കോല ഹാലി അല്ലെങ്കിൽ അതിന്റെ ഹാലനുസരിച്ച് ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാലോ സാധാരണ പദവി അനുസരിച്ച് എങ്ങനെയാണോ ദിക്കുന്നു അതുപോലെ കണ്ടുപോകട്ടെ മറ്റേതാകുമ്പോ പുല്ലും ദിക്കളാക്കണമെന്നല്ലായിരുന്നു അതെ മിറത് മുഴുവൻ ദിക്കളാക്ക അതൊക്കെ ഉണ്ടാവുന്നല്ല ചിത്താമണക്കൽ ഉണ്ടാവാതെ മുസാല ഉണ്ടാവാതെ അലീമുണ്ടാകാതെ എല്ലാം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ യാത്രയെല്ലാം ജീവിലോ അതേ ഹായ രംഗ സാധാരണ ഗോമ്പലം കൊടുക്കോട്ടെ എങ്ങനായാലും മടങ്ങില്ല ലാഹരിക്കലാവി തുമ്മല ഇനി പറഞ്ഞെന്താന്ന് യാത്ര പോകുന്നതിന് പത്താറ് ഒരു ലക്ഷ്യം പണ്ട് പറഞ്ഞിട്ടുണ്ട് പത്തോട്ടോ ഒന്നോ ഒന്നിലധികം ലക്ഷ്യം ഈ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ പോകും തനി ഹാക്ക് വേണ്ടി ഇങ്ങനെ പോകുന്നു നേരം കൂട്ടല് ആ പോക്ക് ശരിയില്ലാതെ പണ്ട് പറഞ്ഞല്ലോ അവൻ നീ ഒന്ന് ആവർത്തിക്കുന്നു അവനോടത്തവണ്ട് പൈനമായ ഉമർ ബിൽ ജുലൂസ് നീ എവിടെയും യാത്ര പോകണ്ട അടപ്പം ഉത്തിരുന്ന് കൽപ്പിക്കപ്പെടേണ്ടത് പൈസ നഷ്ട സമയം നഷ്ടം ടാബ് വേറെ എന്തിനോ ആവശ്യം